മഞ്ഞപ്പീത്തം പിടിച്ചവന് ശക് മഞ്ഞ എന്ന് കാണുന്നു ഒരു ഭ്രമമാണ് തിക്തോ ഗുട മഞ്ഞപ്പീത്തം പിടിച്ചവന് ശർക്കര കൈപ്പാളം എന്ന് തോന്നുന്നു നിത്യത്ര ഈ സ്ഥലങ്ങളിലും ഏത് ലക്ഷണം ഈ പറഞ്ഞ ലക്ഷണം ഏതാണ് യോജനീയം തഥാഹി യോജിപ്പിക്കുന്നു കണ്ണിൽ നിന്നും പുറത്തേക്ക് നിർഗമിക്കുന്ന അതിസ്വച്ഛമായ നയന രശ്മി സംതൃപ്തം നയനരശ്മി ചന്ദ്ര ചക്ഷ കണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നാണ് പണ്ടുകാലത്ത് വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ വളരെ സ്വച്ഛമാണെന്നു കൊണ്ട് അത് തൈജസമാണ് അത് പ്രകാശരത്തിലുള്ളതാണ് അങ്ങനെ സ്വച്ഛംന്ന് പറയുന്നത് അങ്ങനെ അതിസ്വച്ഛമായിരിക്കുന്ന അത് പുറത്തേക്ക് പോകുന്നു അതിൽ സംതൃപ്തം അതിൽ സംയോഗത്തിലിരിക്കുന്നതാണ് ദൃപിത്തം ചക്ഷുരേന്ദ്രിയം പുറത്തേക്ക് പോകുന്നു ശരീരത്തിൽ മൊത്തം പിത്തം ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ പിത്തദോഷമെന്ന് പറയുന്ന എന്ത് വരും ചക്ഷുരേന്ദ്രിയത്തിലും കാണും തൈജസ്സമായ ചക്ഷു ഇന്ദ്രിയത്തിലും ഇരിക്കും അതാണ് രശ്മി സംതൃപ്തമായ പിത്തദ്രവ്യം ആ പിത്തദ്രവ്യവർത്തനയും ഭീതത ആ പിത്തദ്രവ്യത്തിലിരിക്കുന്ന നിറമാണ് മഞ്ഞ വിത്ത ശ്രദ്ധിക്കുമ്പോൾ കാണാറില്ലേ മഞ്ഞക്കളം അതാണ് പിത്തദ്രവ്യവർത്തനിയും പീതത ആ പിന്ന പീതവർണ്ണം അപ്പൊ ചക്ഷിരിയം പുറത്തു പോകുന്നു അതിൽ പിത്തം അതില് പീതവർണ്ണം ആ പീതവർണ്ണത്തെ പീതതേ എന്ന് വെച്ചാൽ പിത്തരഹിതം അനുഭവൻ ശങ്കലം നോക്കുന്നാണ് പിത്തത്തെ കൂടാതെ പീതവർണ്ണത്തെ അറിയുന്നു പിത്തത്തെ അറിയുന്നില്ല പിത്തത്തെ ആള് കാണുന്നുണ്ട് പക്ഷെ പീതവർണത്തെ അറിഞ്ഞു അതാണ് പിത്തരഹിതാം പിത്തരഹിതാം അനുഭവൻ പിത്തദ്രവ്യത്തെ കൂടാതെ പീതവർണ്ണത്തെ അറിഞ്ഞുകൊണ്ട് അറിയുന്നവനായി സംഘം ജോഷാച്ഛാദിത ശുക്ലിമാനം അനുഭവൻ അതി സംഘത്തെയും കാണുന്നുണ്ട് മുമ്പേ കിടക്കുന്നത് ശങ്കനെ പിത്തം പിടിച്ചു അതെങ്ങനെയാണ് ദോഷ അച്ഛാദിത ശുക്ടിമാണോ അതിന്റെ വെളുപ്പ് ദോഷം കൊണ്ട് മറഞ്ഞുപോയി പിത്ത ദോഷം കൊണ്ട് അതും മറഞ്ഞുപോയി അതിനെ അനാനുഭവം അതിനെന്താണ് സംഘത്തിനെ അറിയാതെ എന്താണ് ദോഷം കൊണ്ട് വെളുപ്പ് മറഞ്ഞു പോയെ സംഘനെ അറിയുന്നു വെളുപ്പിനെ അറിയുന്നില്ല ോഷാച്ഛാദിത ശുക്ലിമാനം അനുഭവൻ ശങ്കിനെങ്ങനെ അറിയുന്നു ദോഷം കൊണ്ട് മറഞ്ഞുപോയ വെളുപ്പ് ഉള്ള ആ ശങ്കിനെ അറിയുന്നു എന്ന് വെച്ചാൽ ശങ്കിനെ അറിയുന്നു വെളുപ്പിനെ അറിയുന്നില്ല പിത്തത്തെ അറിയുന്നില്ല പീതവർണത്തെ അറിയുന്നില്ല ഇതാണ് പിത്തം ബാധിച്ചാള് സംഘത്തിൽ നോക്കുമ്പോ സംഭവിക്കുന്നതാണ് പിത്തം പുറത്തു വന്നു പക്ഷെ ആ പിത്ത ദ്രവ്യത്തെ അറിയുന്നില്ല എന്തിനറിയുന്നു പീതവർണ്ണത്തെ മുമ്പിൽ കിടക്കുന്ന ശംഖാണത് ഈ പിത്ത ദോഷമുള്ളത് കൊണ്ട് ശങ്കിനെ അറിയുന്നു എന്തിനടുപ്പിനെ അറിയുന്നില്ല അങ്ങനെ അറിയുന്നതുകൊണ്ട് പീതായാസ്ത ശംഖ അസംബന്ധം അനനുഭവൻ ഇവിടെ ണം മഞ്ഞ നിറം ആ അയാൾ എവിടെയാ കാണുന്നത് ഏ ശിലൊക്കെ കാണുന്നു അപ്പൊ ഈ ശംഖും പീതവർണവും തമ്മിൽ ബന്ധമുണ്ടാ ഇല്ല അപ്പൊ ശംഖും പീതവർണ്ണവും തമ്മിൽ അസംബന്ധമാണ് എന്നുവച്ചാ ബന്ധമില്ല അതിനുന്നുണ്ടവം ശന്ധ അനനുഭവൻ എന്ന് പറഞ്ഞാൽ ശങ്കം പീത വർണ്ണവും തമ്മിൽ ബന്ധമില്ല അതാണ് അസംബന്ധം ആ അസംബന്ധത്തെ പക്ഷെ അയാള് അറിയുന്നില്ല അപ്പ അനനുഭവൻ അറിയാത്തവനായി അറിയാത്തവനെന്ന് വെച്ചാൽ ശങ്കില് മഞ്ഞയുണ്ടെന്നറിയുന്നു അതാണ് പീതത്തായ ീതവർണത്തിന്റെ ശംഖ അസംബന്ധം ശംഖമായിട്ടുള്ള അസംബന്ധം ഇല്ലായ്മ അനുഭവൻ അനുഭവിക്കാത്തവനായി അസംബന്ധ അഗ്രഹ സാരൂപ്യേണം ദവനീയപിണ്ടംതം ലോഭനമിത്യാദവും അപ്പൊ ഇവിടെ എന്താ വരുന്നത് അസംബന്ധ അഗ്രഹ അതാണ് ഇവിടെ അസംബന്ധ ച്ചാ ഗ്രഹിക്കുന്നില്ല എന്തിനു ഗ്രഹിക്കുന്നില്ല അസംബന്ധം എന്താണ് അസംബന്ധം ശംഖും വെള്ളയും തമ്മിൽ അസംബന്ധമാണ് സംബന്ധമില്ല അതിനുഗ്രഹിക്കുന്നില്ല അതാണ് അസംബന്ധങ്ങൾ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല ശംഖിൽ ശംഖും വെള്ളയല്ല ശംഖും പീതവർണം ശംഖും പീതവർണ്ണം ശംഖും പീതവർണ്ണവും വെള്ളം ശംഖും പീതവർണ്ണവും തമ്മിൽ എന്താണ് അസംബന്ധമാണ് അതിനഗ്രഹിക്കുന്നോ ഇല്ല അസംബന്ധാഗ്രഹം പിന്നെ പീതം വില്ലു ഫലം പീതം തപനീയ പെണ്ഡ തപനീയ പിയും പിന്നെ ഉണ്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വർണം അത് അതിന് പീതവർണ്ണമുണ്ടല്ലോ പീതം ഫലം പഴുത്ത വളക്കായി അതിലും മഞ്ഞ ഇവിടെ എന്താ സംഭവിക്കുന്നത് സ്വർണവും മഞ്ഞ നിറവുമായിട്ട് അസംബന്ധമുണ്ടോ ഇല്ല സംബന്ധമുണ്ട് സ്വർണവും പഴുത്ത കൂളക്കറവും പഴുത്ത കൂളക്കായുമായിട്ട് അസംബന്ധമുണ്ടോ ഇല്ല എന്തുകൊണ്ടോ അവിടെ മഞ്ഞ നിറവുണ്ട് യഥാർത്ഥ സ്ഥലം പറയൂ യഥാർത്ഥ സ്ഥലത്തും എന്താണ് അവിടെ സംബന്ധമുണ്ട് അതുകൊണ്ട് അസംബന്ധത്തെ അവിടെ ഗ്രഹിക്കൂ കാണുന്നയാള് സ്വർണം കാണുന്നയാള് സ്വർണവും മഞ്ഞ നിറവും തമ്മിലുള്ള അസംബന്ധത്തെ ഗ്രഹിക്കൂ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല അവിടെ അസംബന്ധം ഇല്ല അവിടെ അസംബന്ധമില്ല അപ്പോ സ്വർണത്തിൽ മഞ്ഞ നിറവുണ്ട് പക്ഷെ സ്വർണം കാണുന്നവൻ അവിടെ എന്താണ് ചെയ്യുന്നത് അസംബന്ധ എന്നുവെച്ചാൽ അസംബന്ധത്തെ അവഗ്രഹിക്കുന്നില്ല പഴുത്ത കൂവളക്കായ കാണുന്നവാനും മഞ്ഞ നിറവും കൂവളക്കായും തമ്മില് സംബന്ധമുണ്ട് അതുകൊണ്ട് അസംബന്ധത്തെ അസംബന്ധാഗ്രഹമുണ്ട് അപ്പൊ എവിടെയാണോ പീതവർണ്ണമുള്ളത് അവിടെ അസംബന്ധ ആഗ്രഹമുണ്ട് എവിടെയാണോ പീതവർണ്ണ ഇല്ലാത്തത് അവിടെയും അസംബന്ധ ആഗ്രഹം ഉണ്ടെ സരു രണ്ടിടത്തും ഒരേ കാര്യം അസംഭവിക്കുന്നത് രണ്ടടുത്തും അസംബന്ധ അഗ്രഹമാണ് എന്തുകൊണ്ട് ശങ്കനാണെങ്കിൽ പീത പറഞ്ഞ ഇല്ല അതുകൊണ്ടവിടെ അസംബന്ധം അസംബന്ധം അവിടെ അസംബന്ധം ഇല്ലേ അവിടെ അസംബന്ധം അസംബന്ധം ഉണ്ടോ ഇല്ലേ ശങ്കരും മഞ്ഞളത്തെ ശങ്കരും മഞ്ഞ കാണുന്നിടത്ത് അസംബന്ധം ഉണ്ടോ ഉണ്ട് അനുകരിക്കുന്നുണ്ടോ അസംബന്ധാഗ്രഹം അസംബന്ധം ഉണ്ട് എന്ന് പറഞ്ഞാൽ സംബന്ധമില്ല സംബന്ധം ഇല്ലാത്തതിനാ പറയുന്നത് അസംബന്ധം ഉണ്ട് സംബന്ധം ഇല്ലാത്തതിന് എന്ത് പറയും അസംബന്ധം ഉണ്ട് അപ്പൊ അവിടെ എന്തു വരുന്നു സ്വർണ്ണത്തിൽ നോക്കിയാലോ മഞ്ഞവർണവും സ്വർണവുമായിട്ട് സംബന്ധം ഉണ്ടാ അവിടെ അസംബന്ധം ഉണ്ടാ അപ്പൊ അസംബന്ധത്തെ അഗ്രഹിക്കുന്നുണ്ടാ അസംബന്ധാഗ്രഹം രണ്ടടുത്തും ഒരുപോലെ ബ്രഹ്മസ്ഥലത്തും അസംബന്ധാഗ്രഹം വന്നു യഥാർത്ഥ സ്ഥലത്തും അസംബന്ധാഗ്രഹം ശങ്കഞ്ച ദോഷാച്ഛാദിത ശുക്ലിമാനം അനുഭവൻസംബന്ധ അനുഭവൻ അസംബന്ധ അഗ്രഹ സാരൂപ്യ രണ്ട് സ്ഥലത്തും ഉള്ളതാണ് അസംബന്ധ്രഹം രണ്ടിടത്തുമുണ്ട് ശങ്കിലുമുണ്ട് സ്വർണത്തിലുമുണ്ട് പീത വർണ്ണമാണ്രസാരൂപ്യം കൊണ്ട് ഫീതം തപനീയ പിണ്ഡം ഉണ്ടെന്ന് വരുന്നു പീതം തവനീയ പിണ്ടം മഞ്ഞ സ്വർണം വീതം വില്ലുഫലം പഴുത്ത മഞ്ഞ നിറമുള്ള ഇവിടെയൊക്കെ എന്തുവരുന്നു പൂർവ്വദിഷ്ടം സമാനാധികാരണ്യം സമാനാധിക സാധാരണ മുമ്പ് കണ്ട സമാനാധികാരണ്യം അതായത് ഒരാള് സ്വർണം കാണുമ്പോൾ അവിടെ മഞ്ഞ നിറത്തെ കാണുന്നു മഞ്ഞ നിറം ഗുണമാണ് സ്വർണത്തിൽ അത് താതാമ്യത്തിയിരിക്കുന്നു അത് ഇനിയൊരു താതാമ്യത്തെയാണ് സ്വീകരിക്കുന്നത് സ്വഭാവ താതാമ്യ അപ്പൊ എന്തുവരുന്നു ഒരാൾ സ്വർണം കാണുമ്പോ അവിടെ മഞ്ഞ നിറത്തെ കാണുന്നു മഞ്ഞ നിറം സ്വർണത്തിൽ താതാത്മ്യത്തിയിരിക്കുന്നു അപ്പോ അയാൾക്ക് എന്തുവരുന്നു അവിടെ മഞ്ഞ താതാത്മ്യത്തിയിരിക്കുന്ന അനുഭവം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്നു ശങ്ക അതിന് മഞ്ഞ കാണുമ്പോ എന്ത് ചെയ്യുന്നു മുൻപ് അയാൾ കണ്ട ആ സാമാനാധികം താതാമ്യത്തെ ശങ്കിൽ ആരോപിക്കുന്നു മുൻപ് എവിടെ കണ്ട താതാത്മ്യം സ്വർണത്തിൽ കണ്ട ആ താതാമ്യത്തെ ശങ്കിൽ ആരോപിച്ചിട്ട് പറയുകയാണ് ശങ്കിൽ വാസ്തവത്തിൽ താതാത്മ്യത്തിൽ മഞ്ഞയില്ല അല്ല സ്വർണത്തിൽ സ്വർണത്തിൽ വാസ്തവത്തിൽ ത്തിൽ മഞ്ഞ ശങ്കിൽ വാസ്തവത്തിൽ താതാമ്യത്തിൽ മഞ്ഞയില്ല പക്ഷെ അയാൾ മുമ്പ് സ്വർണ്ണം കണ്ടപ്പോ അതിൽ താതാമ്യത്തിൽ മഞ്ഞയിരിക്കുന്നത് കണ്ടിട്ട് ആ താതാമ്യത്തെ ദ്രവ്യത്തിൽ വന്ന മഞ്ഞയുടെ താതാമ്യത്തെ ഇവിടെ സങ്കൽ പിത്തം ബാധിച്ചു വന്തി ശങ്കിൽ ആരോപിക്കും ഇതാ ശങ്കിലും മഞ്ഞയുണ്ട് ശംഖുമ യഥാർത്ഥ സ്ഥലത്ത് കണ്ടതിനെ ബ്രഹ്മസ്ഥലത്ത് ആരോപിക്കുക അതാണ് അത് പൂർവ്വദിഷ്ട സമാനാധികം എന്ന് വെച്ച താമ്യം ശങ്കോരോപ്യാ പീതത്വത്തിലും ശരി ആരോപിക്കുന്നെച്ചാ പീതവർണ്ണത്തിലും സംഘ അത് ശത്വയോഹം എന്നറ പീതത്വം എന്ന് വെച്ചാൽ പീതവർണം ശംഖത്വം എന്ന് വച്ചാൽ ശങ്കിലിരിക്കുന്നു ശങ്കല് ശംഖത്വം ഇരിക്കുന്നു പീതവർണ്ണം ഇരിക്കുന്നു ആരെങ്കില് സമാനാധികം അങ്ങനെ എടുക്കാം അപ്പൊ അവിടെ സമാനാധികരണം വരും രണ്ടു വരെ അധികരണത്തിലിരിക്കുന്നു നിങ്ങളുടെ പുസ്തകത്തിൽ ശംഖയോഹം എന്നാണ് പാഠമെങ്കിൽ പീതത്വം എന്ന് പറഞ്ഞാൽ പീതവർണം ശങ്ക രണ്ട് തമ്മിൽ താതാർ ീത പറഞ്ഞു സംഘം തമ്മിൽ അദ്വൈതീയുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് താതാത്മി രണ്ടു തരത്തില സമാനാധികാരണി ഒന്ന് തന്നെ എടുക്കണം ഈതത്വ ശംഘവും പറഞ്ഞാൽ താതാഗ്മി എന്ന് പറഞ്ഞു രണ്ടാരും ശരിയാണ് മനസിലായൊന്ന് മനസിലായി മൂളിയ മനസ്സിലായെന്നർത്ഥമുണ്ട് ഞാൻ ഈ പറഞ്ഞ മനസ്സിലായെന്ന് പറയുന്ന ഗുണമാണ് അത് ശങ്കിലിരിക്കുന്നത് അധ്വാനീകളനുസരിച്ച് താതാന്യത്തിലാണ് അപ്പൊ പീതത്വവും ശംഖവും തമ്മിലുള്ള ബന്ധം താതാന്യം ശങ്കത്വം എന്നാണെങ്കിൽ പീതത്വം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കും അത് പീതവർണമാണ് ശംഖത്വം എന്ന് പറയുന്നത് ശങ്കിലിരിക്കുന്ന ധർമ്മമാണ് അപ്പൊ പീതവർണവും ശങ്കത്വവും ശങ്കൽ സമാനാധികി രണ്ടുപേരും അധികരണത്തി രണ്ടുപേരാധികരണത്തിരിക്കുന്നതിനും എന്ന് പറയുന്ന സമാനാധികം രണ്ടുതേരത്തിൽ പാഠമാണ് ഇത് ആരോപിക്കുകയാണ് തീരശങ്ക അവിടെ പൂർവ്വദിഷ്ടം എന്തുകൊണ്ട് മുമ്പ് തപനീയ ഘട്ടത്തിൽ കണ്ട മഞ്ഞ അത് സമാനാധികാത്മത്തിയിരിക്കും അത് ശംഖത്തിൽ ആരോപിക്കുന്നു ശങ്കിൽ മഞ്ഞ എന്നിങ്ങനെ ആരോപിക്കുന്നു ഇതാണ് പീതശങ്കം എന്ന് പറയുന്നത് ഇനി ഏതേന ഇതുകൊണ്ട് തന്നെ എന്തുവരുന്നു തിക്തോ ഗുട ഇത്യാദി പ്രത്യോ വ്യാഖ്യാത തിക്തോ ഗുട എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വ്യാഖ്യാനിക്കണം ഇനി പ്രതിയൂപധർമ്മത്തെ കുറിച്ച് പറയണം ദേവം പിന്നപുരുഷ അഭിമുഖേഷു ആദർശ ഉദഗാദിഷു ചാക്ഷുഷൻ തേജോ ലഗ്നമഹേ ബലീയസൗര്യ തേജസ പ്രതിസ്രോത പ്രവർത്തികുക്ത ദോഷവശാത പൂർവദൃഷ്ടിമുഖ ആദർശ ഉദഗിമുഖ്യം മുഖ്യാരോപയ പ്രതിബിംബവിഭ്രമോ വിരക്ഷിതോ മനസ്സിലായ ഹേ ഓഷ അവന് അഭിമുഖമായിരിക്കുന്ന അവന്റെ നേരെ കൊണ്ടിരിക്കുന്ന ആദർശ ഉദാദേഷു ആദർശം കണ്ണാടി ഉദകം വെള്ളം ഒരാൾ കണ്ണാടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് നോക്കുകയാണ് സ്വച്ഛേഷു അത് ശുദ്ധമായിരിക്കുന്നു ചാക്ഷുഷം തേച്ചു അവിടെ എന്ത് ചെയ്യുന്നു കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ചക്ഷുന്ദ്രിയം ഇറങ്ങി അവിടെ ചെല്ലുന്നു ഇവിടെയായിരുന്നു ാടിയിലും ലഗ്നമി അതിൽ ചെന്ന് സംയോഗത്തിലാകും ബലിയസര്യാണ് തേജസ് പക്ഷെ അവിടെ നല്ല സൂര്യപ്രകാശമുണ്ട് അതുകൊണ്ട് നല്ല ശക്തമായ സൂര്യപ്രകാശം കൊണ്ട് പ്രതിസ്രോതഹ അതിനെ തിരിച്ചുവിട്ടു റിഫ്ലക്ട് ചെയ്യിച്ച് നേരെ കണ്ണിലേക്ക് കൊണ്ടു ചക്ഷേന്ദ്രം അവിടെ ചെന്നാണ് ഇപ്പൊ എന്തു സൂര്യ തേജസ്സവനെ അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യിപ്പിച്ചവിടെ കൊണ്ടുവന്നു കണ്ണിൽ കൊണ്ടു വന്നു പ്രതിസ്രോത പ്രവർത്തിതം അതെന്ത് ചെയ്തു മുഖ സംയുക്തം നേരെ മുഖത്തു വന്നു ഏത് മുഖം ഗ്രാഹയെ ചക്ഷേന്ദ്രം മുഖത്ത് വന്ന മുഖത്തെ ഗ്രഹിക്കും മുഖത്തെ കാണുന്നു കാണുന്നു ഇവിടെ പറയുന്നത് നിങ്ങൾ കണ്ണാടി നോക്കുമ്പോ മുഖം കാണുന്നതിന് കാരണം ചക്ഷുരനിരയും കണ്ണിൽ നിന്നിറങ്ങിപ്പോയി കണ്ണാടി ചെന്ന് തട്ടിയതിന് ശേഷം തിരിച്ചു വന്ന് മുഖത്തെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്നുണ്ട് ദോഷവശ പക്ഷെ ഇവിടെ റിഫ്ലക്ഷനും സംഭവിച്ചല്ലോ ആ ദോഷം കൊണ്ട് തദ്ദേശത മുഖം കഴുത്തിലാണിരിക്കുന്നതെന്നുള്ളത് ഗ്രഹിക്കുന്നില്ല മറിച്ച് എവിടെ ഇരിക്കുന്നതായിട്ട് ഗ്രഹിക്കുന്നു കണ്ണാടി അനഭിമുഖത്ത മുഖം എന്ന് പറയുന്നത് തൻ്റെ നേരെയല്ല മറിച്ച് തൻ്റെ കഴുത്തിലാണിരിക്കുന്നത് അഭിമുഖമായിട്ടല്ല അനഭിമുഖമാണ് നേരെ എതിരെയല്ല നേരെ തന്നിലാണ് ഇരിക്കുന്ന എന്നുള്ളതും എന്ത് ചെയ്യുന്നു മുഖസ്യ ഗ്രാമിയോ ഇത് രണ്ടും മുഖത്തെ സംബന്ധിച്ച് ഗ്രഹിക്കുന്നില്ല ദോഷങ്ങൾ അതുകൊണ്ടാണ് കണ്ണാടി നോക്കുന്നയാളെന്ന് പറയുന്നത് ഡാ എന്റെ മുഖം എൻ്റെ എതിരെ ഇരിക്കുന്നു പിന്നെ എന്തുപറയുന്നു എന്റെ മുഖംന്താ കണ്ണാടിയിരിക്കുന്നു ഇതൊക്കെ ദോഷം കൊണ്ട് സംഭവിക്കുന്നാണ് ഇവിടെ എന്തുപറയുന്നു പൂർവദിഷ്ട അഭിമുഖ ആദർശ ഉദകദേശ ആഭിമുഖ്യേഞ്ചാ മുഖസി ആരോപണി ഇങ്ങനെ കാണുമ്പോഴും എന്താണ് ഇയാള് നുമ്പുംബ് ഇയാള് കണ്ണാടി കണ്ടിട്ടുണ്ട് തന്റെ മുഖം അപ്പൊ അവിടെ എന്തൊക്കെ കണ്ട് അതുപറയുന്നു പൂർവദിഷ്ട ആഭിമുഖ്യം തന്റെ എതിരെ മുമ്പ് കണ്ടതാണ് എതിരെയല്ലേ കണ്ടത് അഭിമുഖമായിട്ടല്ലേ കണ്ടത് കണ്ണാടിയിലും വെള്ളത്തിലുമൊക്കെ ആഭിമുഖ്യവും അഭിമുഖ ആദർശ ഉദകദേശത ആദേശം മുമ്പ് കണ്ടത് മുമ്പ് കണ്ടപ്പോഴും അങ്ങനെയാ കണ്ടത് മുഖം കണ്ണാടിയിലിരിക്കുന്നു വെള്ളത്തിലിരിക്കുന്നുണ്ടാണ് അത് എന്ത് ചെയ്യുന്നു മുഖത്തി ആരോപി ചെയ്തു ഇപ്പൊ കാണുമ്പോൾ വീണ്ടും അത് ആരോപിക്കുന്നു മുൻപ് എന്ത് ചെയ്തു കണ്ടപ്പോ തന്റെ മുഖം കണ്ണാടിയിരിക്കുന്നു എന്നും അത് തനിക്കെതിരെയാണെന്നും കണ്ടതിനെ ഇപ്പൊ വീണ്ടും ആരോപിക്കുന്നു ഇത് ചെയ്ത് അനാഥിയാണെന്ന് നടക്കും മുമ്പ് മുൻപ് കണ്ടതി എന്ത് ചെയ്യുന്നു പിന്നീട് കാണുമ്പോൾ ആരോപിക്കുന്നു അരോ രീതി പ്രതിബിംബവിഭ്രമോ വിരക്ഷിതോ ഭൂതി അതുകൊണ്ടെന്താണ് പ്രതിബിംബവിഭ്രമവും പ്രതിബിംബ വിഭ്രമത്തിനും ഇത് ലക്ഷണമായി നിർത്തുന്നു പ്രതിബിംബം എന്ന് പറയുന്നതും ഭ്രമമാണ് എന്തുകൊണ്ടാണ് ഭ്രമം എന്ന് പറയുന്നത് കാരണം മുഖം തന്റെ കഴുത്തിലാണ് ഇരിക്കുന്നതെങ്കിലും കണ്ണാടിയിൽ ഇരിക്കുന്നു എന്ന് അയാൾ അറിയുന്നു മുഖം തനിക്ക് നേരെ അല്ലെങ്കിലും തനിക്ക് എതിരായിരിക്കുന്നു എന്നറിയുന്നു थो थो <ourcing> ും വിഭ്രമെന്ന് പറഞ്ഞാൽ എന്താണ് ഇതെല്ലാം പണ്ടത്തെ മനുഷ്യന്റെ അറിവെച്ച് പറയുന്നതാണ് ഇന്നത്തെ അറിവെച്ച് പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ശരിയല്ല കണ്ണ് ഒരിടത്തും ഇറങ്ങി പോകുന്നില്ല സൂര്യപ്രകാശം കണ്ണിന്റെ ഇട്ടിന് വേണ്ടിട്ടാണ് എന്തു വരുന്നത് കണ്ണ് കാണുന്നത് ആരാ കാണുന്നത് ഏ ആരാ കാണുന്നു ഏ കാണുന്നത് ബ്രൻ ബ്രാ കാണത് നമ്മുടെറകിൽ ബ്രെയിനിന്റെ ഇരിക്കുന്നതാണ് ഇതിനെ കാണുന്നത് മനസിലായത് കണ്ണല്ല കാണുന്നത് ട്രെറ്റിനല്ല കാണുന്നത് ഇതിന്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ ബ്രെയിനിന്റെ പിറകുഭാഗം അരിഭാഗത്തൊരു സാധനം ഇതുകൊണ്ട് അതാണ് ഇതിനൊക്കെ കാണുന്നത് അവിടെയാണ് ഈ പ്രോസസ്സിങ് നടക്കുന്നത് ഇന്നത്തെ ശാസ്ത്രത്തിന് അറിയാം അതുകൊണ്ടാണോ ഈ കണ്ണാടിക്ക് ഇങ്ങനെ വെച്ചതും അങ്ങനെ ഒരു സയൻസുള്ളത് കൊണ്ടാണ് ഈ മൂക്കിനെ മേലെ ഇത് കയറ്റി വെച്ചിരിക്കുന്നത് മനസ്സിലായോ അത് ശരിയായതുകൊണ്ടാണ് ഈ പറയുന്നത് പണ്ടത്തെ അറിയാം ഇന്നും അവർക്ക് ഇത് ഇങ്ങനെ കയറുന്നവരറിഞ്ഞിരുന്നേ ഉള്ളൂ അല്ലാതിന് ഇതൊക്കെയാണ് സത്യം എന്ന് വിചാരിച്ചു കളയരുത് മനസ്സിലായി ഏതേന അലാതചക്ര ഗന്ധർവ് നഗര വംശോരകാദിവിഭ്രമേഷ്വീതാസം ലക്ഷണം യോജനീകും മുമ്പ് നമ്മള് പറഞ്ഞാൽ ദിചന്ദ്രൻ ഇവിടെ ഇങ്ങനെ വരണ്ടിട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണും രണ്ട് ചന്ദ്രനെ കാണും ദിഗ്മോഹം പുതിയ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കിഴക്ക് എങ്ങനെ തോന്നും തക്കായിട്ടോ വടക്കായിട്ടോ തോന്നും അലാധചക്രം തീക്കള്ളി എടുത്ത് ചരട്ടിക്കഴിഞ്ഞാൽ വൃത്തമായിട്ട് ഗന്ധർവ്വ നഗരം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗന്ധർവ നഗരം ഹാറ്റ മോർഗാന സിറ്റീസ് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ടാ അതായത് പിന്നെ നമ്മള് ചിലപ്പോ കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്നവര് ഇങ്ങനെ കപ്പൽ പോകുമ്പോഴത്തേക്ക് എന്താണോ ദൂരെ വേറൊരു കപ്പൽ കാണും നല്ല ആൾക്കാർ നിൽക്കുന്നതാണ് അവര് അവിടെ പ്രേതക്കപ്പലുകൾ എന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തിൽ ഭയങ്കര പ്രചാരം കിട്ടിയിരുന്നു എന്താണോ ഒരു സ്ഥലത്തൊരു കപ്പൽ മുങ്ങിപ്പോയി അതിൻ്റെ അടുത്തുകൂടി വേറൊരു കപ്പൽ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അവർ കാണുന്നത് വേറൊരു കപ്പലിൽ എന്താണോ കപ്പലിൻ്റെ മേൽത്തട്ടില് ഒരുപാട് ആൾക്കാർ പാട്ട് പാടുന്നു അവർ നേരിട്ട് കാണുകയാണ് നേരിട്ട് കാണുകയാണ് അപ്പോൾ അവിടെ വേറെ കപ്പലൊന്നും ഒന്നു വന്നിട്ടില്ല കപ്പലുണ്ടെങ്കിൽ അവരറിയുള്ളൂ കപ്പൽ സഞ്ചാരികൾക്കറിയാൻ കപ്പലുണ്ടോ വേറെ തൊട്ടടുത്തുള്ള ഒരു കപ്പലിൻ്റെ മേൽത്തട്ടിന്ന് ആൾക്കാർ പാട്ട് പാടുന്നു അവർ നേരിട്ട് കണ്ടാണ് എന്ന് മനസ്സിലായി പണ്ട് മരിച്ചുപോയ ആ ആൾക്കാരും ആ കപ്പലും എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ വീണ്ടും വന്നിരിക്കുകയാണ് പഠനം എന്നൊക്കെ പഴയ കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നതിനു പറ്റാൻ എന്തെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദൂരെ കിടക്കുന്ന ഒരു കപ്പലിൽ സൂര്യൻ്റെ പ്രകാശം അടിച്ചിട്ട് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലുള്ള സൂക്ഷ്മമായ ജലകണങ്ങളിൽ അത് പ്രതിബിംബിക്കും മഞ്ഞ് പാടികളിലൊക്കെ അത് പ്രതിബിംബിച്ചിട്ട് എന്തോരും അത് ഇതിന്റെ പ്രതിബിംബം ഉണ്ടാകും ഈ പ്രതിബിംബത്തെയാണ് അവിടെ ആൾക്കാർ ഇന്ന് പാട്ട് എല്ലാം ഇതുപോലെ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൂരെയുള്ള നഗരങ്ങളിൽ സൂര്യന്റെ പ്രകാശം തട്ടിയിട്ട് ആകാശത്തുള്ള മഞ്ഞിൽ അതിൻ്റെ പ്രതിബിമ്പം പതിക്കുമ്പോൾ ആകാശത്ത് ഒരുപാട് ഘട്ടങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഫാറ്റ മുർഗാനോ സിറ്റീസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പടങ്ങൾ കാണും ആൾക്കാർ കണ്ടതാണ് ഇത് ഇത് ഇത് യഥാർത്ഥ ഫോട്ടോയാണെന്നു തോന്നുന്നു ഒന്നും യഥാർത്ഥ ഫോട്ടോയല്ല എല്ലാം നിരവധി ഓരോരുത്തരോരോ സ്ഥലത്തും നടത്തിയിട്ടുള്ള ഫോട്ടോകളാണ് പുനി വിനി ഘട്ടങ്ങളൊക്കെ ആകാശത്ത് നിൽക്കുന്നതാണ് ഇതിനാണ് എന്തുപറയുന്നത് ആ വേതാള നഗരം എന്ന് പറയുന്നത് ഗന്ധർവ നഗരം എന്ന് പറയുന്നതൊക്കെ അത് തന്നെയാണ് വേദാള നഗരം ഇത് തന്നെയാണ് ഇങ്ങനെയാണ് കാരണം അവിടെ എന്താണ് ഇപ്പൊ ദൂരെ എവിടെയെങ്കിലും ഒരു കന്നുകാലി കൂട്ടം നിൽക്കുകയാണെങ്കിൽ അതിന്റെ പ്രതി പോകണം അവിടെ പതിയണമെങ്കിൽ അത് വേതാളങ്ങളായിട്ട് തോന്നും കാട്ടുമൃഗങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നും പലതരത്തിലും കാണാം അതാണ് വേദാള നഗരം ഗന്ധർവ നഗരം എന്നൊക്കെ പറയും അല്ലാതെ നമ്മുടെ കർണാകര ഗൂരി പറയുന്നത് ഗന്ധർവ നഗരം കഥ കുറച്ചു കാലം ഇങ്ങനെ ധ്യാനിച്ചിരുന്നു കഴിഞ്ഞാൽ അവസാനം എന്തിനെ കാണുന്നു ഗന്ധർവ നഗരത്തെ കാണുന്നൊക്കെ പറഞ്ഞ് അതുപോലെ മാനസിക വിഭ്രാന്തികളാണ് മനസിലായോ ബ്രെയിനിന്റെ പ്രശ്നങ്ങളാണ് അത് അങ്ങനെയുള്ള ും പ്രശ്നമുള്ളവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ ഗന്ധരവ് പകരം കണ്ടുകൊണ്ടേ അതാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത് എവിടെയെന്ന് ഞാൻ പറയണ്ടല്ലോ അപ്പോൾ ഇതേ പ്രശ്നമുള്ള എല്ലാവരും കൂടെ അവരോട് കൊടുക്കും അപ്പോൾ അവർ കാണുന്നത് ഏതാണെന്ന് അവരും ഗന്ധരവ് അത് ഒരു അവസ്ഥയാണ് പതിനൊട്ട് പണിയിൽ ഒരവസ്ഥയാണ് ഒരവസ്ഥയാണ് ഈ ഗന്ധർവെന്ന് ഓരോ കാണുന്നത് പിന്നെ അടുത്ത പടി അടുത്ത പടി അടുത്ത പടി പോകുമ്പോൾ വേറെ വേറെ അവസ്ഥകൾ ഇതെല്ലാം ഓരോരോ പടികൾ കടന്നുപോകുന്ന എന്താണ് എന്താണ് ബ്രെയിനിന്റെ ഓരോരോ മാറ്റങ്ങളാണ് ബ്രെയിൻ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അലൂസിനേഷൻ വിഭ്രാന്തികളാണ് ഈ പറയുന്ന എല്ലാം അനുഭൂതികളെന്ന് പറയും മനസ്സിലായത് അങ്ങനെ അത് പാമിനെ കാണുക എന്ന് പറയുന്ന ഇതാണ് പാമിനെ കാണുക എന്ന് പറയുന്നത് ബ്രെയിനിന്റെ രാസപ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് അവര് ശരിക്കും അവർക്ക് യഥാർത്ഥ അനുഭവമാണ് മനസിലായ അവര് കള്ളം ബ്രൈന അവരെ സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥമാണ് അതുകൊണ്ട് അവരെ അത് അങ്ങനെയാണ് അല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേറെ ഒരാൾക്കും പറ്റത്തില്ല എന്തുകൊണ്ട് അവരി കാണുകയാണ് അവരുടെ ഞാനിപ്പോ ഈ ഈ ഗ്ലാസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നോട് ഒരാൾ പറയുന്നത് ഗ്ലാസ് അല്ല ഇത് സ്വർണ്ണ ചിമിഴാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കും അംഗീകരിക്കില്ലല്ലോ എന്തുകൊണ്ട് ഇതെന്റെ പ്രത്യക്ഷമാണ് ഇതുപോലെ മാനസികമായി പ്രത്യക്ഷമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ടെമ്പറൽ ലോബിൽ വരുന്ന ചില രാസപ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കി കാണിക്കുന്നത് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ജനറേഷൻ പോലെയാണ് ആ ജനറേറ്റർ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനറേഷനിൽ നിന്ന് എന്താ വരുന്നത് വൈദ്യുതി വരും അത് സ്വിച്ച് ആ വൈദ്യുതി അതുപോലെ വൈദ്യുതി വന്നോണ്ടിരിക്കുകയാണ് ജനറേഷനെന്തെങ്കിലും തകരാറുമെന്ന് കഴിഞ്ഞാൽ വൈദ്യതി നേരെ വരും എന്തെങ്കിലുമൊക്കെ വൈദ്യുതിക്ക് പ്രശ്നം വരും വോൾട്ടേജ് കൂടും കുറയും ഇങ്ങനെ പല ദിവസം അതുപോലെ നമ്മുടെ ബ്രെയിനിന്റെ വോൾട്ടേജിന് മാറ്റം വരും വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ പലതും കാണാം ഇത് വെറും മാനസികമായ െയിനിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് അത് ശരിക്കും അതും എല്ലാവർക്കും ഇത് വരാത്തോണ്ടാണ് ഇതിനെ വിഭ്രാന്തി എന്ന് പറയുന്നത് അത് വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഭ്രാന്തി എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാ മനുഷ്യർക്കും ഇതുണ്ടാകില്ല ആരുടെ ബ്രെയിനാണോ പ്രത്യേക രീതിയിലുള്ളത് അവർക്കിതുണ്ടാകും അല്ലാത്തവർക്കും ഉണ്ടാകും അത് മാനസിക വിഭ്രാന്തി എന്ന് പറയാൻ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ വെറും ഇരുപത്തി അഞ്ച് വയസ്സിയുടെ ഒരു ചെറിയ പൈ എം ജിയുടെ ഒരു കുളിയെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പനി പിന്നെ ഈ പ്രത്യക്ഷമുണ്ടാവും മനസിലായോ ഇത് തന്നെ മയക്കുമരുന്ന് കഴിക്കുന്നവർ എല്ലാം ഉണ്ടാവുന്നു മയക്കുമരുന്ന് കഴിക്കുന്നു മയക്കുമരുന്ന് കഴിഞ്ഞിട്ടുള്ള സായ്പമാരൊക്കെ എന്നോട് പറയിട്ടുണ്ട് മയക്ക് മരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എങ്ങനെ ആകാശം കൂടെ തറ താറേറ ഇറങ്ങണമെന്ന് പറ്റുന്നില്ല ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കയാണ് എത്ര സമയം പറക്കുന്നു എന്നറിയാൻ പറ്റില്ല ഇങ്ങനെ പറന്നു പറന്നു പറന്നു പറന്നു പറന്നു ഏതോക്കെ ലോകങ്ങളിൽ പോയിട്ട് അവര് ചിലപ്പം പറക്കുന്നു അവരുടെ ഈ അനുഭവം എന്ന് പറയുന്നത് അഞ്ചു മിനിറ്റ് നീക്കൂ പക്ഷെ അവര് ദിവസങ്ങളോളം പറന്നുകൊണ്ടിരിക്കയാണ് പറന്ന് പറന്ന് പറന്ന് അവസാനം ഇരിക്കും നടത്തുന്ന വീഴും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവര് കണ്ണൂർ നോക്കുമ്പോ അവരെ സംബന്ധിച്ച് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മയക്കുമരുന്നിന് അടിമയായി പോകുന്നവര് അപ്പൊ അവർക്ക് ഇങ്ങനെ പറന്ന് കിടക്കുന്നു ഭയങ്കര സുഖം ഭയങ്കരമല്ല ഭയങ്കരമെന്ന് വെച്ചാൽ ഭയം ഉണ്ടാക്കുന്നു സന്തോഷം ഉണ്ടാക്കുന്ന സുഖമാണ് വലിയ സുഖമായോണ്ട് വീണ്ടും അവരെന്തെയ്യും എനിക്ക് വീണ്ടും പറക്കണമെന്ന് എന്തു ചെയ്യും ഈ മയക്കുമരുന്ന് അടിച്ച് വീണ്ടും ഇങ്ങനെ ആടെ ഒരു രാജ്യത്തിൽ ഇപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം ഈ മയക്ക് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ മനുഷ്യൻ്റെ എല്ലെടുക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചാരായം അട്ടയിട്ട് വാറ്റി ചാരായം ഉണ്ടാക്കും ബാറ്ററി ഇട്ട് വാറ്റും ആ പോയിട്ട് അതൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് വാറ്റി ചാരായം ഉണ്ടാക്കി അത് കുടിച്ച് ഇങ്ങനെ ഈ അവസരം ഉള്ള ചവക്കുഴി മുഴുവൻ തോണ്ടി മറിച്ചിട്ടിരിക്കും നെലി മാന്തമ്പോ അത് നോക്കിയിട്ട് ആൾക്കാർ പോയി മാന്തി അതിൻ്റെ അകത്ത് നിന്ന് എല്ലെടുത്ത് വാറ്റി ഇത് അടിച്ചു കൊണ്ട് നടക്കുന്നു ഞാനും അവസരം അടിയന്തരാവസ്ഥ ഉപയോഗിച്ച് ചവക്കുഴി തോണ്ടാതിരിക്കും അമേരിക്കയിലൊക്കെ ഇത് പറ്റി ശല്യമാണ് റോഡിൽ പോയാൽ റോഡ് സൈഡിൽ കിടക്കുന്നതാണ് ഇങ്ങനെ തനത്തി ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ അവർ കിടക്കുന്നുണ്ടെങ്കിൽ അവർ പറന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു ലോകത്തിലൊക്കെ അത് ബ്രെയിനിന്റെ പ്രശ്നമാണ് മനസ്സിലായി ഇത് ബ്രെയിനിന്റെ പ്രശ്നം വേണ്ട ഈ ഫാറ്റാൻ പോർക്കാനാന്ന് പറയുന്നത് ബ്രെയിനിന്റെ പ്രശ്നമുണ്ട് ആരും നമ്മൾ നോക്കിയാലും കാണാൻ പറ്റുക അത് അന്തരീക്ഷത്തിൽ മഴവില്ലു പോലെയാണ് അതിന്റെ ഒരു ഭാഗമാണ് മഴ ഇല്ലെന്ന് പറയും റിഫ്ലക്ഷൻ ഉണ്ട് സംഭവിക്കുന്നത് അത് നമ്മുടെ ഏതെങ്കിലും എല്ലാവർക്കും കാണാം എങ്കിലും ഒരു വ്യക്തി പ്രത്യേകം കാണുന്നില്ല എത്ര പേരുണ്ടായത് എന്നും ആകാശത്ത് മറവിൽ കാണുന്നു അതൊരു പ്ലക്ഷൻ ഉണ്ട് സംഭവിക്കുന്നു അതുപോലെ കാണും ഈ പറ്റാൻ പോകാനാണ് അല്ലാതെ ഗന്ധർവ്വ നഗരം എന്നൊക്കെ പറയുന്നൊരു വേറെ കാര്യങ്ങളും മനുഷ്യന്റെ ഒരു പ്രത്യേക അനുഭവങ്ങൾ എന്തേ പക്ഷെ അത് ഗ്രെയിന്റെ പ്രശ്നമുണ്ട് പക്ഷെ ഈ പറയുന്ന എന്താണ് ഗന്ധർവ്വ നഗരവെന്ന് പറഞ്ഞ് എന്തോ കാണുന്നു പറയുന്നില്ല ഉള്ളിൽ അവര് ഗന്ധർവ്വ നഗരം എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ ഒരു പ്രതിഭാസം പ്രപഞ്ചത്തിലുണ്ടെന്ന് അവർക്കറിയത്തില്ല അവരിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നൊരു പെട്ടെന്ന് ആരോഗ്യം പ്രത്യക്ഷപ്പെടുന്നു ഡാൻസ് ചെയ്യുന്നു ഓടുന്നു അതൊക്കെ ചെയ്യുന്നു എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടു ഈ ഗന്ധന ഇതുപോലെ ഇബ്രാഹിമിന്റെ ഒരു അനുഭവം എനിക്കൊരിക്കലുണ്ടായി അതായത് തപോവനത്തിൽ ഉത്തരഭാഷിക്കും തപോവനത്ത് ഭയങ്കര തണുപ്പത്ത് വന്ന് ബോധമില്ലാതെ വിവരമില്ലാതെ ശരിയായ വസ്ത്രമൊന്നുമില്ലാതെ അവിടെ പോയി ഞാനും പറഞ്ഞാൽ ആ സമയം അവിടെ പോയി ശരീരന്മാരെ വിളിച്ചാൽ കഷ്ടപ്പെട്ട് രാത്രിയാകുതിക്കകത്ത് കിടക്കുമ്പോൾ അവിടെ ഓക്സിജൻ തീരെ ഇല്ല ഇങ്ങനെ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല ഞാൻ ഇങ്ങനെ കണ്ടടക്കും കാണുന്ന എന്താണ് ഒരുപാട് ആൾക്കാർ ഒന്ന് പാട്ട് പാടുന്നു ചിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഗന്ധർവന്മാരായോ അവിടെ വന്നൊന്ന് ഇവരാരും കേൾക്കുന്നില്ല ഞാൻ കേൾക്കുന്നുണ്ട് ഗന്ധർവന്മാരായോ അവിടെ വന്ന് ഒന്ന് സംസാരിക്കുകയാണ് ഞാൻ കുറെ കാലം അത് ഞാൻ അവിടെ വെച്ച് ഗന്ധർവന്മാർ പറയുന്നു വിചരിക്കുന്നു അങ്ങനെ കുറെക്കാളും ഞാൻ വിശ്വസിച്ചത് എനിക്കങ്ങനെ എന്തോ ഒരു ദിവ്യമായ അനുഭൂതി ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്താണോ ബ്രെയിനിൽ ഓക്സിജൻ കുറഞ്ഞോണ്ട് ബ്രെയിൻ ഉണ്ടാക്കി ഈ പറഞ്ഞതുപോലെയുള്ള വിഭ്രാന്തിയാണ് നമുക്ക് അത് എങ്കിൽ ചിലപ്പോൾ എൻ്റെ ബ്രെയിൻ ഡാമേജ് ആയിപ്പോയിരുന്നു ചത്തുമ്പോൾ അതാണ് ഈ മരിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ പല അത്ഭുതങ്ങൾ കാണുന്നുണ്ട് തൂക്കിയെടുത്തോണ്ട് നരകത്തിൽ കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയി പിന്നെ അവൾ തിരിച്ചു കൊണ്ടുപോയി ഇങ്ങനെ വന്നു കണ്ടു എന്നൊക്കെ പറയുന്നില്ലേ ഇതെല്ലാം നിങ്ങൾ മുങ്ങി മരിക്കുമ്പോൾ മരണ സമയത്ത് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ലോസം കുറയുമ്പോഴത്തേക്കും വിഭ്രാന്തികൾ ഒരുപാട് ഇങ്ങനെ ഉണ്ട് അത് സെക്കൻഡ് കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട് തിരിച്ചു വന്നവർ ഓർമ്മിക്കും അതാണ് ഞാൻ മരിക്കാറായപ്പം എന്നെ കാലം വന്ന് കട്ടിയെടുത്താൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ബ്രെയിനിന്റെ വിഭ്രാന്തിയാണ് മോക്സിയും കുറേ എനിക്കത് സംഭവിച്ചു പക്ഷെ കുറേ കാലം കഴിഞ്ഞാൽ അതുവരെ ഞാൻ വലിയ ഗെയിമത്തരമായിട്ട് ഹിമാലയത്തിൽ പോയി ഞാൻ ഗന്ധർവന്മാരെയൊക്കെ നേരിട്ട് കണ്ട് അവർ ചിരിക്കുന്നു സംസാരിക്കുന്നു സംസ്കൃതത്തിലൊക്കെ സംസാരിച്ച് നമ്മളെങ്ങനെ വിശ്വസിക്കായിരിക്കും സംസാരിക്കുകയാണ് ഭയങ്കര ആണും കണ്ണും കൂടെ ചിരിക്കുന്ന ശബ്ദങ്ങൾ ഞാനിതിനെ കണ്ണയ്ക്കുമ്പോഴെ കേട്ടോണ്ടി നേരം എടുത്തപ്പോൾ അത് പോയി ശരീരം ചൂടായി ഒക്കെ വന്നു ഹിമാലയത്തിൽ പോയിട്ടൊന്ന് ഒരുപാട് പേര് അത്ഭുതങ്ങളൊക്കെ പറയും ഈ പറയുന്ന ഒന്നിൽ കള്ളമാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഈ ബ്രെയിനിന്റെ ആ ഇങ്ങനെയൊക്കെ പറയുന്നതാ ഇങ്ങനെയൊക്കെ ഞാൻ കേട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളെ അതൊക്കെ ആദ്യം ഞാനും വിശ്വസിച്ചിരുന്നു ഇതൊക്കെ ശരിയായിരിക്കും പിന്നെ പിന്നീട് പിന്നീട് ഇതിനെ പഠനങ്ങൾ പ്രത്യേകം നടത്തിയപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ മാനസിക വിഭ്രാന്തികളാണ് അവിടെ ചന്ദ്രവന്മാരുല്ല അതും ഇല്ല ഇതും ഇല്ല ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ വിഭ്രാന്തികളാണ് അതുകൊണ്ടുണ്ടാക്കുന്ന അത് വേറെ ഒന്നുണ്ട് എന്താണ് ഈ കടുത്ത തണുപ്പിൽ പോയാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കടുത്ത നമ്മള് കൈലാസയാത്രയിലും അവിടെയൊക്കെ പോയപ്പോഴത്തേക്കാനുള്ള കട്ടിയുള്ള എന്താണ് കണ്ണട വെച്ചുകൊണ്ടാണ് പോയത് എന്ന് വെച്ച മഞ്ഞിൽ മഞ്ഞൾ തട്ടിയിട്ട് അടിക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയും നമ്മുടെ കണ്ണില് തീ കോല പോലെ അത് നേരെ കണ്ണിലടിച്ചു കഴിഞ്ഞാൽ കണ്ണ് കത്തിപ്പോകും പിന്നെ കാഴ്ച കിട്ടത്തില്ല ഈ റെറ്റിൻ്റെ കരിഞ്ഞു അത്ര ശക്തമായി അത് നോക്കിക്കഴിഞ്ഞു അങ്ങനെ ഹിമാലയത്തെ സഞ്ചരിച്ച് കണ്ണിന്റെ കാഴ്ച പോയി ഒരു മലയാളി സ്വാമിയെ ഞാൻ പിടിക്കുണ്ടായിരുന്നു കാഴ്ച പുള്ളി എന്നോട് പറഞ്ഞ് യാത്ര പോകുമ്പോൾ കണ്ണാടി വെക്കാതെ പോലെ പുള്ളിക്ക് രണ്ടു കണ്ണും കാഴ്ചയല്ല തീരെ കാഴ്ചയല്ലേ എന്ത് ചെയ്തു ഈ മഞ്ഞിലടിച്ചിട്ടുള്ള റിഫ്ലക്ഷൻ കണ്ണിലടിച്ചതാണ് ഉയർന്ന സ്ഥലം തന്നെ അതിന് ശക്തി പോകും അങ്ങനെയാണ് ഈ കാഴ്ചയൊക്കെ പോകുന്നത് സ്ഥിരം ഈ സഞ്ചരിക്കുന്നവർ കാഴ്ച പോയി ഇതെല്ലാം കൂടി ഇതൊരാളെന്നോട് നേരത്തെ പറഞ്ഞ കഥയാണ് ഗാന്ധർഭത്തിലെ കണ്ടതും അത് ഇത് കണ്ടതും കണ്ണിൽ കാഴ്ച പോയതൊക്കെ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു ഞാനും തിരുമണ്ടനായിരുന്നു പിന്നീടല്ലേ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത് പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായി ഇതിന്റെ കാരണം കൂടി മനസ്സിലായത് അതുകൊണ്ട് എന്തെങ്കിലും കേട്ടാലും ചാടിക്കരെ വിശ്വസിക്കാം ഞാൻ തന്നെ പറഞ്ഞു വിഭ്രാന്തി എല്ലാവർക്കും അതുകൊണ്ട് അതാണ് ഗന്ധർവ നഗരം അത് പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണ് നമ്മുടെ ബ്രെയിനിന്റെ കുഴപ്പമൊന്നുമല്ല ഇവരാണ് പറയുന്നത് അത് ഗന്ധർവ നഗരം അവര് കാണുന്നു പറയുന്നത് അവരുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ് വംശോരം എന്ന് പറയുന്നത് എന്താണ് ഈ മഞ്ഞ ഈര ഉണ്ടല്ലോ മഞ്ഞ ഈര ആ മഞ്ഞ ഈരയില് കണ്ണില് തവളയുടെ നെയ്യ് കണ്ണില് പുരട്ടിയിട്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ പാമ്പ് കഴിയുന്ന പോലെ തോന്നുന്നതാണ് തോന്നാനുള്ള സാധ്യതയുണ്ട് കാരണം ചില എണ്ണകളൊക്കെ നമ്മളെ കണ്ണി വീണു കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന വസ്തുക്കളുടെ എല്ലാം ചലനം വരും നമ്മളെന്ത് എണ്ണ കണ്ണി വീണിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തെളിഞ്ഞു തെളിഞ്ഞ അവിടെ ചലിക്കുന്നതായിട്ട് അപ്പോൾ ഈറ ഇത് എണ്ണ കണ്ണില് ഈ എണ്ണ ഒഴിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈറ പാമ്പ് വേറെ പോകണം അതാണ് വംശോരക വംശത്തിന്റെ ഊരകം ആദ്യ വിഭ്രമേഷ്വീ ഇങ്ങനെയുള്ള ഭ്രമങ്ങളിലും എന്താണ് യഥാസംഭവണ യോജനയും ഈ ലക്ഷണത്തെ യോജിപ്പിക്കണം എന്നർത്ഥ ഞാൻ മുമ്പ് വിശദീരിച്ചാണ് വീണ്ടും അത് വിശദീകരിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ മനസ് മനുഷ്യ വിഭ്രാന്തികൾ നമ്മൾ തിരിച്ചറിയും ആരെങ്കിലും വന്നിട്ട് അനുഭൂതിയാണ് മറ്റേ ആളും മറിച്ചാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരി ശരി ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം നിങ്ങൾക്ക് ഒരു ചെറിയ ഗുളിക കൊണ്ട് മാറത്തക്ക കാര്യമേ ഉള്ളൂ എന്ന് പറയാനുള്ള ബോധം വേണം ഈ പറയുന്ന ഏകുന്നുണ്ടോ എന്താ പറഞ്ഞിപ്പോൾ അവസാനം സ്വന്തം അനുഭൂതി ഇതിൽ അങ്ങനെ ആലോചിക്കേണ്ട അപ്പൊ എന്തൊക്കെ അനുഭൂതിയോടോ നമുക്ക് ഉണ്ടായത് അതാണ്